ധ്യായം മുപ്പത് ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കേണം ഖതിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ടു മുഴം ഉയരവും ആയിരിക്കണം അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കേണം ചുമക്കേണ്ടതിന് തണ്ടു അതിന്റെ വക്കിനു കീഴേ ഇരുപുറത്തും ഈ രണ്ട് പൊൻവളയവും ഉണ്ടാക്കേണം അതിന്റെ രണ്ട് പാർശ്വത്തിലും അവയെ ഉണ്ടാക്കേണം തണ്ടുകൾ ഖതിര മരം കൊണ്ടുണ്ടാക്കി പൊന്ന് പൊതിയണം സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിൻമീതെയുള്ള കൃപാസനത്തിന്റെ മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം അഹരോൻ അതിന്മേൽ സുഗന്ധ ധൂപം കാട്ടേണം അവൻ ദിനം പ്രതി ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടേണം അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടേണം അത് തലമുറ തലമുറയായി യഹോവിയുടെ മുമ്പാകെ നിരന്തരൂപം ആയിരിക്കണം നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ കോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത് അതിന്മേൽ പാനീയയാഗം രുത് സംവത്സരത്തിൽരിക്കൽ അഹരോൻ അതിന്റെ കൊമ്പുകൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം പ്രായശ്ചിത്തത്തിനുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായച്ചിത്തം കഴിക്കണം ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവനുവേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേഖേൽ കൊടുക്കണം ശേഖൽ എന്നത് ഇരുപത് ഗേര അരശേഖയിൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇരുപത് വയസ്സും അതിന് മീതയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം നിങ്ങളുടെ ജീവനുവേണ്ടി പ്രായശിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേഖയിലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത് ഈ പ്രായശ്ചിത്വ ദ്രവ്യം നീ ഇസ്രയേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം നിങ്ങളുടെ ജീവനുവേണ്ടി പ്രായശ്ചിത്വം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രയേൽ മക്കൾക്കുവേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ കഴുകേണ്ടതിന് ഒരു താമ്ര തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം അതിന് സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യവെച്ച് അതിൽ വെള്ളമൊഴിക്കണം അതിങ്കൽ അഹരോനും അവന്റെ പുത്രന്മാരും കയ്യും കാലും കഴുകണം അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാകം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം അതവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അഞ്ഞൂറ് ശേഖേൽ അയഞ്ഞ മൂരും അതിൽ പാതി ഇരുന്നൂറ്റൻപത് ശേഖൽ സുഗന്ധ ലവങ്കവും അഞ്ഞൂറ് ശേഖേൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശി അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും ധൂപപീഠവും കോമ യാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം അവ അതിവിശുദ്ധമായിരിക്കേണ്ടതിന് അവയെ ശുദ്ധീകരിക്കണം അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം ഇസ്രയേൽ മക്കളോട് നീ പറയേണ്ടത് ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത് അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും അരുത് അത് വിശുദ്ധമാകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവന്റെ ജനത്തിൽ നിന്ന് ക്ഷേദിച്ചു യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീ നറുംപശ ഗുൽഗുലു പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കേണം ഇല്ലാം ഒരുപോലെ തൂക്കം ആയിരിക്കേണം അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കേണം നീ അതിൽ ഏതാനും ഇടിച്ച് പൊടിയാക്കി ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾക്ക് അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം മണക്കേണ്ടതിന് അതുപോലെയുള്ളത് ആരെങ്കിലും അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം